അഖില കേരള റേഡിയോ നാടകോത്സവം രണ്ടാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു നാടകരചന ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് സംവിധാനം ടി വി അശ്വതി कथापात्र शब्द स्टेशन मास्टर मुरली मुरपी शापाटी एस राधाकृष्ण भारति कै जानक विमला पी के सिंधु पोलीस, टी सुरमाट प्रति इके शीतलराज साहय बिजु ഒറ്റാപാട്ടി എന്തോ ചാപ്പാട്ടി The yeah. Isga, uh, hey, uh, uh, uh. like ും പതി പോലെ തന്നെട ഈ സ്റ്റേഷനിൽ നിന്ന് ആരും ഇറങ്ങുകയോ കേറുകയോ ചെയ്യുന്നില്ല ഒരു സ്റ്റേഷൻ മാസ്റ്റർ നിലയ്ക്ക് പിന്നെ എനിക്ക് എന്താ ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് ഇവിടെ നീ ശ്രദ്ധിച്ചോ എല്ലാം വിചിത്രമായിരിക്കുന്നു ട്രെയിനിന്റെ എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുന്നു ആരും പുറത്തേക്ക് നോക്കുന്നില്ല ഈ വണ്ടി എങ്ങോട്ടേക്കാണ് പോകുന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എല്ലാരും അറിഞ്ഞു കൊള്ളണമെന്നില്ലല്ലോ നീ ശ്രദ്ധിച്ചു വണ്ടിക്കകത്ത് ചായ പലഹാരങ്ങൾ വിൽക്കുന്ന ശബ്ദം പോലും ഒരു പ്രത്യേക രീതിയിലാ പുറത്തു വരുന്നു അല്ലെ അല്ലേ ശ്രദ്ധിച്ച് കേൾക്ക് ഒരു രാത്രി വണ്ടി പോലെ അകത്ത് മുഴുവൻ ലൈറ്റ് ഇട്ടിരിക്കുന്നു യാത്രക്കാർ പ്രതിമ കണക്കെ അനക്കമാറ്റിരിക്കുന്നു അതിനിടയിലൂടെ ഭക്ഷണവൽപ്പനക്കാരുടെ ശബ്ദം മാത്രം വിവിധ ഭാഷകളിൽ അതെ പലതരം ഭാഷകളിൽ തെറ്റിദ്ധരിക്കൂല പറയാല അതാ നീ ഒരു വിട്ടിയാണ് അതല്ലെങ്കിൽ നിന്റെ കേൾവിശക്തി തകരാറിലാണ് അയ്യോ അയ്യോ ഞാൻ കൊടി വീശാൻ പറഞ്ഞു എന്റെ കൊടി എവിടെ കൊടി ആ വണ്ടിയും കടന്നുപോയി ഞാൻ എന്തൊരു മണ്ട് കൊടി വീശാൻ പറഞ്ഞു പോയെങ്കിൽ മേലധികാരികൾ അത് ഞാൻ എന്റെ കാര്യം തീർന്നേനെ ഭൂമിയിലേതോ അജ്ഞാതമായൊരു തുണ്ടുപോലെ ആയി തീർന്നിരിക്കുന്നു ഈ സ്റ്റേഷൻ ഇടയ്ക്ക് വിരുന്നു വരാൻ പക്ഷികൾ പോലും അടിക്കുന്നു മനുഷ്യ സാന്നിധ്യമില്ലാത്ത ഒരു അന്റാർട്ടിക്ക പ്രദേശം പോലെ ആയിരിക്കുന്നു ഈ സ്റ്റേഷൻ അസഹ്യമായ തണുത്ത ഈ കാറ്റ് മാത്രമാണ് ഈ സ്റ്റേഷനിൽ എത്തുന്ന ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഈ സ്ഥലം ശരിക്കുള്ളതാണോ നീയൊരു യാഥാർത്ഥ്യമാണ് പറയൂ ഷാപ്പാട്ടി നീയൊരു യാഥാർത്ഥ്യം ഇതൊക്കെ ഞാൻ കാണുന്ന ഒരു ഒരു സ്വപ്നം മാത്രമാണ് ഇനിയും തണുപ്പ് വന്നു പനിക്കട്ടെട്ടി അസഹ്യമാണെങ്കിലും ഈ കാറ്റ് എന്റെ ഏകാന്തതയും വിരസതയും അങ്ങേയറ്റം ആശ്വസിപ്പിക്കുന്നു പ്രായം കൂടി വരുന്നത് കൊണ്ടാവണം ഈയിടെയായി എനിക്ക് ഈ ഏകാന്തത ടാങ്ങ આવുന്നതിന് അപ്പുറമാണ് ഇപ്പോ ഉള്ള വാങ്ങേ സർ 빨리 കേക്ക്രേ സർ പാറി എഴു കാറ്റ് അയ്യോ ഇന്നെ തണുപ്പ് ഇന്നെ തണുപ്പ് വാങ്ങ മാഷേ വാങ്ങ പ്ലീസ് ഉള്ള വാങ്ങേ സർ വിട് ചപ്പാത്തി അടുത്ത് മണ്ടിക്ക് സമയമായി വിട് എന്നാ സർ பைத்தியம்மா एवള് മണിക്കുര കയ്യനാ സർ അടുത്ത മണ്ടിക്ക് ഓ മാസ്റ്ററെ കൊണ്ട് മർത്തു സർ നാലാണ് പറയുന്നത് കയറ് വാങ്ങേ സർ ഇയ വാങ്ങേ സർ ആ ആ അപ്പം ആ വന്നിട്ട് ആ ഇങ്ങനെ ഇങ്ങനെ ഉപ്പാർ ടീ പോലാ ഉപ്പൊ സാഡേ പ്രിയപ്പെട്ട കുറേ പാട്ട് കേൾക്കാർക്ക് വെളിയ കുറച്ച് വിലയെ ഇപ്പൊ വരണ ഓക്കേ ഓക്കേ സർ ം പാടിയോ ചാപ്പാട്ടി ചാപ്പാട്ടി പിന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചാലും കേൾക്കില്ല ചാപ്പാട്ടി ഭൂമിയുടെ എല്ലാ അവയവങ്ങളെയും അറുത്തു മാറ്റിയില്ല ഈ ചെന്നായ കുട്ടങ്ങൾ അവസാനിപ്പിക്കൂട്ടി ഇത് കേക്കുന്നില്ലേ ഈ നരാധമന്മാര് ഭൂമിയുടെ കരൾ പറിച്ചെടുക്കുന്ന ഒച്ച നീ കേ പാത പഠിക്കണ നീയൊക്കെ എത്ര പഠിച്ചാലും പഠിക്കില്ല അതെങ്ങനെ നിന്റെയൊക്കെ പഠിത്തം തന്നെ ശരിക്കുള്ള പാഠങ്ങൾ പഠിക്കാതിരിക്കാണ് ഓ ഈ മാഷിക്ക് കൊഞ്ചനാള അക്ഷമ അസ്വസ്ഥത എല്ലാമേ കൂടി കൂടി വരുന്നുണ്ട് സാർ സ്വഭാവം മോശമാ വരതുണ്ട് എന്റെ സ്വഭാവം നന്നാക്കാൻ നീ വരണ്ടോ നീ ഞാൻ അധികാരികൾക്ക് പോസ്റ്റ് ചെയ്യാൻ അയച്ച കത്തുകൾ അയച്ചു എന്ന് പറയുന്നത് നേരിൽ തന്നെയാണ് ഞാൻ അതിന്റെ എന്നെ അവിശ്വസിക്കുന്നതിന് മുമ്പ് സാർ അതൊക്കെ നോക്കണം സാർ ആരെയും നമ്പാത്തവരുടെ കാര്യം പോകാണ് സാർ അതെ എനിക്കാരെയും വിശ്വാസമില്ല പാറ പൊട്ടിക്കുന്നതിന്റെ പരിസ്ഥിതി ആഘാതങ്ങളെ റെയിൽവേ അധികാരി എന്ന നിലയിൽ ഞാൻ എഴുതിയ പരാതിക്ക് ഒരു മറുപടി പോലും വന്നില്ല അതുമോട്ടെ ആ പാറ മാഫിയുടെ വിരുന്ന് സൽക്കാരത്തിൽ നീയും പോരുന്നു അല്ലേ അത് വന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാണ് എങ്ങനെയാ അതെ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ എളുപ്പമുള്ള പണിയല്ല ഷാപ്പാരി പറയാനൊക്കെ എളുപ്പൊക്കെ വളരെ നല്ലതാണ് അതിന് നിനക്ക് ശരിയായ ധാരണയെ കുറിച്ച് വല്ല സങ്കല്പവും ഉണ്ട് ഞാൻ പറഞ്ഞു പാവപ്പെട്ടവരുടെ നിസ്സഹായരായ മനുഷ്യരുടെ നെഞ്ചത്ത് കയറിലെ വികസനം വേണോട്ടി ഓ എന്റെയും നിന്റെയും വികസന സങ്കല്പങ്ങളെ വികലമാക്കിയതിന്റെ ഫലമാണ് ഞാനും നീയും ഇനീ അനുഭവിക്കുന്ന ഭയാനകമായ വിജനതയും ഏകാന്തതയും ആര് മറന്നാലും നീ അത് മറക്കാൻ പാടില്ല നീ അത് മറക്കാൻ പാടില്ല നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ഓർക്കുന്നുണ്ടോ നീ ഒരിക്കലിവിടെ ഓടിക്കളിച്ചിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ എവിടെ അധോ മണ്ഡലത്തിലേക്ക് പോയി പറയാൻ എനിക്ക് അതോടൊപ്പം ഓർമ്മ കൊണ്ട് പോലും താങ്കൾ ഓർമ്മിപ്പിക്കാം സർ ഓർമ്മിപ്പിക്കള്ള രോഗമല്ല ഷാപ്പാട്ടി മറവി മാരകമായൊരു രോഗലക്ഷണമാണ് ചരിത്രത്താളുകളിൽ നിന്ന് വാർത്താ ചിത്രങ്ങളിൽ നിന്നും ഒക്കെ ഓർമ്മ ഇറങ്ങിപ്പോകുന്ന രോഗാതുരമായ ഒരു കാലം ഒരിക്കലും ഇവിടെ സ്വർഗതുല്യമായ ജീവിതം ഉണ്ടായിരുന്നു പുഴയും പുഴയോരം കടത്തുകാരനും കർഷകരും നാട്ടുവൈദ്യന്മാരും ചായക്കടയും കൊച്ചുകൊച്ചു സന്തോഷങ്ങളുടെ ഒരു ഹരിത പ്രദേശമാണ് എല്ലായ്മയും കൂട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ വിലപിടിപ്പുള്ള ഒന്നുകൂടി ഉണ്ടായിരുന്നു സ്നേഹം സ്നേഹത്തിൻ്റെ അനേകമനേകം അവതാരങ്ങൾ മനോഹരമായ നാടിന് എന്താ പറ്റിയത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ നീട്ടാ ഓർമ്മയിൽ നിന്നുള്ള ഒളിച്ചോട്ടം കപടമായ സുഷുപ്തിയിലേക്കുള്ള രക്ഷപ്പെടാൻ ഗ്രാമസൗഭാഗ്യത്തെ തൂത്തെറിഞ്ഞ് വന്ന വൻകിട ഫാക്ടറി ആർക്ക് വന്നതായിരുന്നു അത് വായുമലിനമാക്കി കുടിവെള്ളം മലിനമാക്കി ഏറ്റവും ഒടുവിൽ അരുത് കാട്ടാള എന്ന കവിശബ്ദത്തെയും അതില്ലാതാക്കി ജീവിക്കണില്ല എടാ ഓർമ്മകൾക്ക് ഒരു ഇരുണ്ട മലയുടെ ഭാരമാണിപ്പോ അല്ലേ കുട്ടികളെ അമ്മയെ കൊണ്ട് സമാധാനിക്കൂട്ടി സമാധാനിക്കൂ എല്ലാം പോയിട്ട് ഈ ഭൂമി തരിശായി തിരുന്നിട്ടും രണ്ട് കണ്ണുകൾ മാത്രം നമുക്ക് നഷ്ടപ്പെട്ടില്ല ഓർമ്മകളുടെ കണ്ണുകൾ ഓർമ്മിക്കും ഓർമ്മ നമുക്ക് മനുഷ്യരൂപം നൽകുന്നു ഓർമ്മ ഓർമ്മ ഈ ദുഃഖമാണോന്ന് എനിക്ക് ഇഷ്ടമേ അല്ല സാർ ജീവിതത്തിലോ ദുഃഖമോ ഈ പാട്ടിലും ദുഃഖമാർ വണ്ട നിനക്കത് അറിയാൻ ചെട്ടാ ദുഃഖം ദുഃഖത്തെ ആശ്വസിപ്പിക്കൂ ദുഃഖമേ ദുഃഖത്തെ ആശ്വസിപ്പിക്കൂ അത് പോട്ടെ ഇന്നലെ നീ നഗരത്തിൽ പോകുന്ന ദിവസം ഞാൻ മേലധികാരികൾക്ക് അയച്ച കത്തുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടോ അഞ്ചു കത്തില്ല അതെ മേലധികാരികൾക്ക് രണ്ട് കത്ത് ഒന്നെ അമ്മക്ക് മറ്റൊന്ന് ഭാര്യക്ക് പിന്നെ പരിസ്ഥിതി പോകുന്നു കാലമായി സാർ എഴുതികൊണ്ടേ ഇരിക്കുന്നു പ്രയോജനം പിന്നെ ഞാൻ എന്ത് ചെയ്യണം വാക്കുകൾ മാത്രമുണ്ട് എനിക്ക് ചെറുക്കാൻ വാക്കുകൾ മാത്രം സത്യം പറയാട്ടി സാർ നീ ഇതൊക്കെ മേലധികാരികൾക്ക് എത്തിക്കുന്നുണ്ടല്ലോ അല്ലേ സർ ഇനി സംശയിക്കരുത് സാർ മാഷിക്ക് നേരിട്ട് അധികാരനെ കണ്ടോ പോണം പോകാ നീ ഒന്നും പറയാതെ സംസാരിക്കരുത് ഇവിടെ ഈ സ്റ്റേഷനിൽ ആരുണ്ടാവും ഓ പകരം ഒരാളെ തരണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ കത്തുകൾക്ക് പുല്ലുവില കല്പിച്ചില്ല ബന്ധപ്പെട്ടവർ വർഷങ്ങളാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു മരുഭൂമിയുടെ വിജനതയും ഏകാന്തതയുടെ ചുടുകാറ്റും വമിക്കുന്ന ഈ സ്റ്റേഷൻ ഏതോ അന്യഗോളത്തിൽ നിന്ന് നിലകൊള്ളുന്നത് കാർമേഘങ്ങളും അപൂർവ പക്ഷികളും ഇതുവഴി ഭയപ്പാടോടെ മാത്രം കടന്നുപോകുന്നു ദുരൂഹമായ ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച് മറ്റൊരു ദുർഗ്രാഹ്യ മണ്ഡലത്തിലേക്ക് നീളുന്ന ഈ സ്റ്റേഷനു മുന്നിലൂടെ കടന്നുപോകുന്ന പാളങ്ങൾ പോലും ൾ കാണുമ്പോ കരിങ്കൽ കൂനകളിൽ പൂന്ത മയങ്ങുന്ന ഏതോ വിഷപ്പാമ്പിനെ പോലെയാണ് എനിക്ക് തോന്നാറ് കേട്ടോ കേട്ടോ കേട്ടോ ചപ്പാട്ടി കേൾക്കുന്നില്ലേ ടെലിഫോൺ കമ്പികളിൽ കാറ്റടിക്കുമ്പോൾ വിജനതയും ഒറ്റപ്പെടലും എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൊരി കേൾക്കു ചെവി ഓർത്താൽ കേൾക്കാം നിനക്ക് എന്താണത് പറയുന്നത് എന്താണത് പറയാൻ ശ്രമിക്കുന്നത് എന്റെ കൊടിയവടെ കൊടി അവിടെ പച്ചക്കുടി പച്ചക്കുടി പച്ചക്കുടി സിഗ്നൽ അയ്യോ സിഗ്നൽ എല്ലാം കറക്റ്റ് ആണല്ലോ എനിക്കൊരു സിഗ്നൽ കൊടി വീശാൻ പറ്റി ആമ ഭാഗ്യം നന്ദിയുണ്ട് നിന്നോട് നീ പറഞ്ഞതുകൊണ്ട് വണ്ടി വരുന്നത് ഞാൻ കണ്ടു എന്റെ ഈ വികാര വിക്ഷോഭത്തിലെ ചിലപ്പോ അങ്ങനെയാ എല്ലാ തോടവും തെറ്റും ഡ്രൈവർ സാറെ നോക്കി ഒരു പുഞ്ചിരിയോട് ഒരു അഭിവാദനം ചെയ്തത് സജ്ജന അയ്യോ ഞാൻ കണ്ടില്ല ആ സാർ സു അഭിവാദനോ മാഷയോടുള്ള എന്തോ ഒരു ആദരവ് എന്താ പുഞ്ചിരി പോലും ഉണ്ടായിരുന്നു അല്ലെങ്കിലും അങ്ങനെ വരൂ വർഷങ്ങളായുള്ളു എന്റെ ഈ സേവനം ഒരിക്കലും ഒരു മാത്രം പോലും പാളിച്ച പറ്റാതെ ഞാൻ കൊണ്ടുനടന്നു കൃത്യവിലോപത്തിന് ഒരിക്കൽ പോലും ഒരു മേലുദ്യോഗസ്ഥനും എന്നെ ശാസിക്കേണ്ടി വന്നിട്ടില്ല നീ ഓർക്കുന്നുണ്ടോ എന്നെ സാർ ഫാക്ടറിയിൽ നിന്നും വിഷവാതകം പൊട്ടിത്തെറിച്ച ആളുകൾ മുഴുവൻ നരകത്തിലേക്കെന്നപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ പിടിച്ചോടി ഞാൻ ഞാൻ മാത്രം ഈ സ്റ്റേഷൻ വിട്ട എങ്ങും പോയില്ല അർത്ഥപ്രാണനുമായി ഒരു തുള്ളി ശ്വാസത്തിനു വേണ്ടി പിടയുമ്പോഴും ഇതുവഴി കടന്നുപോയ എല്ലാ വണ്ടികൾക്കും ഞാൻ കൊടി വീശി സിഗ്നൽ നൽകി നീതി പുലർത്തില്ലോ സാറിന്റെ മൂക്കിൽ നിന്ന് ചോരധാര കണ്ണെല്ലാം ചോവന്ന് കാലങ്കരുന്നത് എന്തൊക്കെയോ ഇങ്ങനെ അങ്ങനെയുള്ള ഒരാൾക്ക് പുഞ്ചിരി ഒരഭിവാദനം തീർച്ചയായും തരേണ്ടത് തന്നെ അല്ലേട്ടെ സംശയം ഈ മടുപ്പിക്കുന്ന വിജനതയിൽ ചുട്ടുപഴിക്കുന്ന മരുപ്പറമ്പിൽ തണുപ്പ് കൊണ്ട് ഉറഞ്ഞു പോകുന്ന ജീവിതത്തിന് അർത്ഥം തരുന്നത് ഇത്തരം പുഞ്ചിരികൾ മാത്രമേ ഉള്ളൂ അല്ലേ മാസിപ്പോടെ കൊഞ്ചനാളാ വല്ലാമ ക്ഷീണിച്ചിരിക്കും സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ പോലും എനിക്ക് ട്രെയിനിന്റെ വരവും സരണുമാണ് ചപ്പാട്ടി പക്ഷേ പക്ഷെ എനിക്കിതിൽ നിന്ന് മോചനം വേണം മടുത്തു എനിക്കൊരു ജീവിതം വേണം ഇവിടെ മറ്റൊരു സ്റ്റേഷൻ മാസ്റ്റർ ഇവരെന്താ നിയമിക്കാത്തത് എന്റെ അപേക്ഷയോട് ഈ അധികാരികൾ ഇത്ര ക്രൂരമായ നിസ്സംഗത പുലർത്തുന്നത് എന്തുകൊണ്ട് എനിക്കിവിടെ ഒന്ന് പുറത്ത് കിടക്കണം എൻ്റെ അമ്മ ഭാര്യ കുട്ടികൾ എനിക്കും ഒരു ജീവിതം വേണം എത്രയെത്ര അപേക്ഷകൾ കുടുംബം പോലും ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നു എല്ല തോന്നലാണെന്നും തോന്നൽ വന്ന് നീ ഇടക്കെങ്കിലും ഈ സ്റ്റേഷൻ പരിസരം വിട്ടു പോകുന്നു നഗരത്തിൽ ഉല്ലസിക്കുന്നു വീട്ടിൽ വിശ്രമിക്കുന്നു ഈ സ്റ്റേഷൻ മാസ്റ്ററിന്റെ വിഫലതകൾ നിന്നെ ബാധിക്കുന്നില്ലല്ലോ എന്നെപ്പോലെ നിന്റെ ചെറുകൾ മാഷിക്ക് ബാങ്കി ചിരിച്ചു വരുന്ന ഈ പറഞ്ഞതിന് നിന്റെ മേലധികാരി എന്ന നിലയിൽ നിന്നെ ഞാൻ ശിക്ഷിക്കേണ്ടതാണ് അധികാര ദുർവിനിയോഗം നീ എന്റെ അപേക്ഷകളൊക്കെ യഥാസമയം കൊണ്ട് കൊടുത്താൽ മതി ഈ സ്റ്റേഷന്റെ അധികാരി ആവാല്ലോ നീ നോക്കേണ്ടത് നശിച്ച സ്റ്റേഷൻ എന്തിനാണ് അധികാരികൾ നിലനിർത്തുന്നത് തന്നെ ചിലപ്പോ തോന്നും ഇതിന് തീവെങ്ങോട്ടെങ്കിലും എങ്ങോട്ട് ഓടിപ്പോകാൻ ിക്കാനാവാത്ത നന്മയാണ് ഒരു ശിക്ഷയായി എന്നെ ഇങ്ങനെ കാർന്നതില്ലെന്ന് എനിക്ക് ഈ സ്റ്റേഷനിൽ സമർപ്പിക്കാനൊന്നേ ഉള്ളൂ അപകടങ്ങൾക്ക് ഞാനായി കാരണക്കാരനാവരുത് ഒരേ പാളത്തിൽ രണ്ട് തീവണ്ടികൾ ഓടരുത് പിഞ്ചു കുഞ്ഞുങ്ങൾ അലറിക്കരയരുത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരുണ്ടാവരുത് വിധവകളുണ്ടാവരുത് പക്ഷേ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കിടക്കണമല്ലോ എങ്ങനെ എങ്ങനെ ചാപ്പാട്ടി ട്രെയിനല്ലേ വരുന്നത് എവിടെ പൊടി പൊടി വേഗം വേഗം വേഗം ബഹുമാനപ്പെട്ട മേലാധികാരിക്ക് ഇതെത്രാമത്തെ കത്താണെന്ന് എനിക്കറിയില്ല എത്രയോ കാലമായി ഞാൻ അങ്ങേക്ക് കത്തുകളും ഹർജികളും എഴുതിക്കൊണ്ടിരിക്കുന്നു പ്രയോജനമില്ല എന്നറിഞ്ഞിട്ടും ഈ ഭൂമിയിലെ ഒറ്റപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകാഗിയായ ഒരു സ്റ്റേഷൻ മാസ്റ്റർ കത്തെഴുതിക്കൊണ്ടേയിരിക്കുന്നു യാതൊരു പ്രതികരണവുമില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും വാക്കുകൾ ഇങ്ങനെ അക്ഷരത്തിലാക്കിക്കൊണ്ടേയിരിക്കുന്നു നിരർത്ഥകതയിലാണ് നിന്റെ പ്രത്യാശ അസംബന്ധത്തിലാണ് ാലും ഗവനിക്കപ്പെടാത്ത ഒരാൾക്കും ജീവിക്കണമല്ലോ ഈ ഭൂമിയിൽ എന്തിനാണ് സാർ ഇതുവഴി ഫോൺ കമ്മികൾ ഇങ്ങനെ കടന്നു പോകുന്നത് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല നിങ്ങൾ തരുന്ന ശമ്പളം ഞാൻ കൈപ്പറ്റുന്നു ഏതോ വിചിത്ര ജീവിയെ പോലെ ഒരാളെ എനിക്ക് കൂട്ടും തന്നു ഷപ്പാട്ടി അയാളും സ്ഥലം വിട്ടാൽ എനിക്ക് എനിക്കിവിടെ എന്റെ ഏകാന്തത മാത്രമാണ് കൂട്ട് ണം ഒരു ഔദ്യോഗിക കത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട മര്യാദകൾ ലംഘിക്കുന്നതിനോട് ഇവിടെ എനിക്ക് ജീവപര്യന്തമാണോ സത്യത്തിൽ പക്ഷെ എനിക്കറിയാം ഈ സ്റ്റേഷൻ വിട്ട് ഞാൻ ഓടിപ്പോയാൽ ഇവിടെ വലിയൊരു ട്രെയിൻ അപകടം നടക്കുന്നു എനിക്കറിയാം നിരപരാധികളുടെ കണ്ണീരിൽ മുങ്ങി എനിക്കൊരു മോചനവും വേണ്ട പക്ഷേ പക്ഷേ നിങ്ങളീ കാണിക്കുന്നത് കൊടും ചതിയാണ് എന്നെ ഒഴിവാക്കിയ നിലയിലാണെങ്കിലും എനിക്കൊരു കുടുംബമുണ്ട് ഈ സ്റ്റേഷൻ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയപ്പോഴൊക്കെ ഒരു തീവണ്ടി ഉച്ച വിദൂരത്തുനിന്ന് മുഴങ്ങി അതേ വേഗത്തിൽ ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു എനിക്കെപ്പോഴാണ് മോചനം എന്നാണ് ഞാൻ ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കുന്നത് എന്നെ മോചിപ്പിക്കുന്ന തീയതിയെങ്കിലും അറിയിക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരം പരിഗണിച്ചിട്ടേക്കാർ പോർ അവഴിവാനായി എനിക്കൊരു കത്ത് കൂടെ തയ്യാറാക്കണം അടുത്ത സ്റ്റേഷൻറെ എന്ന സാർ എപ്പിക്കാതൊരു വിധ ആശയവിനിമയത്തിനും അവർ തയ്യാറായില്ല അതുകൊണ്ട് ചോദിച്ചാ എന്ന സാർ നാട്ടി സാർ സാർ കുടുംബത്തെ കൊണ്ടുവരല്ലേ ഒന്നും അറിയാത്തവരെ നീ സംസാരിക്കുന്നത് അവർക്ക് ഈ സ്റ്റേഷനോടോ എന്റെ ഉത്തരവാദിത്വ പൂർണ്ണമായ ജോലിയോടോ യാതൊരു താല്പര്യവും ഇല്ല ഓ നിനക്ക് അറിയാം ഓ എനിക്ക് കടന്നുപോയ വർഷങ്ങളിൽ ഒരു തീവണ്ടിയുടെ വരവും ഞാൻ അറിയാതിരുന്നിട്ടില്ല സാർ ഒരു തീവണ്ടിക്ക് പോലും കൊടി സിഗ്നൽ നിയമം അപ്ലൈ ചെയ്തിരുന്നിട്ടില്ല വേലധികാരികൾ എന്ന നിലയിൽ നിങ്ങളിത് മനസ്സിലാക്കണം എനിക്കും വയസ്സായിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിയമിക്കപ്പെട്ട തീയതിയും എഴുതിയ പരീക്ഷകളും നേടിയ പരിശീലനങ്ങളും എല്ലാം ഓർമ്മയുടെ ശ്മശാനങ്ങളിൽ കവറടക്കപ്പെട്ടിരിക്കുന്നു വർഷങ്ങളുടെ മറവിയിലൂടെ നൂറായിരം ഉരുക്ക് തീവണ്ടികൾ ഇതുവഴി കടന്നുപോയിട്ടുണ്ട് ഒരിക്കൽ പോലും ഒരു തീവണ്ടി ഡ്രൈവറേയും കണ്ടിട്ടില്ല ഒരാളും അഭിവാദ്യം ചെയ്തിട്ടില്ല പകലുകളിൽ പാതിരാവുകളിൽ ഏതോ പ്രേതവാഹനം പോലെ അവ മാത്രമാണ് പതിവ് എല്ലാവരും എല്ലാ മുന്നിൽ നിന്നും ഒളിപ്പിക്കുകയാണ് ഒരു ഒരു മോചനം സാധ്യമാണോ സാർ സാധ്യമാണോ എവിടെ കൊണ്ടുപോയില്ലോ ഇവിടെ എന്തെങ്കിലും ശാസ്ത്രീയമായി നടക്കുന്നുണ്ടെങ്കിൽ അത് പാറപൊട്ടിക്കലും പുഴയിൽ നിന്ന് മണൽവാറലുമാണല്ലോ അതിന്റെ കവി എഴുതിയത് പോലെ ഈ പെട്ടിക്ക് പൊട്ടിത്തെറിക്കാൻ മാത്രമാണ് യോഗം കത്താനല്ല കത്തി പറഞ്ഞുവക്കെ തിരിച്ചെടുത്തേ കാലം വഴിതെറ്റി വന്ന മഴ ഇതുപോലൊരു മഴയ്ക്കായിരുന്നു അവളെ കണ്ടുമുട്ടിയത് വർഷങ്ങളെത്ര കടന്നുപോയി പക്ഷേ പക്ഷേ എല്ലാം മിന്നലിന്ന പോലെ ഇതുപോലൊരു രാത്രി ഇതേ ഇടിവിട്ട് മിന്നൽ എന്തൊരു രാത്രിയായിരുന്നു അന്ന് ഞാൻ കുറെക്കൂടെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ ഇങ്ങനെ മുറിയിൽ കൂലിപ്പിടിച്ചു കഴിയുന്ന സ്വഭാവമൊന്നുമില്ല സ്റ്റേഷൻ്റെ വിദൂരമായ ഒരിടത്ത് ചരക്ക് വണ്ടികളുടെ ബോഗികൾ നിർത്തിയിടുന്ന പാളങ്ങളുണ്ടായിരുന്നു നിർത്തിയിട്ട ഒരൊഴിഞ്ഞ ബോഗിയിൽ കാലങ്ങളായി ഒരു നാടോടി കുടുംബം രാത്രി ഒളിച്ചു താമസിക്കുന്നതായി എനിക്ക് ആരോ വിവരം തന്നിരുന്നു പക്ഷെ ഒരിക്കൽ പോലും എനിക്കവരെ പിടികിട്ടിരുന്നു ആ ഇടിവട്ട് രാത്രി കാറ്റും മഴയും ജനൽപാളി അടിച്ചു വിധം ഒരു കാറ്റ് വന്നില്ലായിരുന്നെങ്കിൽ അവരെ ഞാൻ കാണുകയേയില്ലായിരുന്നു ആ ചില്ലുജാലകം അടയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതെ അപ്പോഴാണ് ഞാനത് കാണുന്നത് ആ ചരക്ക് ബോഗിയിൽ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ തൊണ്ട് ടോർച്ചും കൂടെയും ഞാൻ പുറത്തിറങ്ങി മിന്നൽ കൊണ്ട് പകൽ പോലെ ആ പ്രദേശം മുഴുവൻ കാണാമായിരുന്നു എൻ്റെ വരവ് കണ്ടാകണം ബോഗിയുടെ തന്നെ ആ ചെറു വെളിച്ചം മണച്ചു ടോർച്ചുമായി ഞാൻ ബോഗിക്കടുത്തെത്തി ആരാണ് ഏകത്ത് പുറത്തു വരാനാ പറഞ്ഞ ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുവേറത്ത് വരാൻ അതിനകത്ത് പതുകു നിപ്പാണല്ലോ അതെ പുറത്തിറങ്ങിയൊന്നുമില്ല ഇറങ്ങാൻ ഞങ്ങൾ പാവങ്ങളാണല്ലേ ഇങ്ങോട്ട് മാറി കൂടെ ഉള്ളേ പെണ്ണാരാളാണ് ഓഹോ അപ്പൊ മോളയും കൊണ്ട് കച്ചവടത്തിനായിരിക്കും എന്താണ് സംസാരശേഷി എന്താണ് പേര് ആ ഇനി പറയാളില്ലാത്ത ചരക്ക് ബോകില് അമ്മയ്ക്ക് മോക്ക് രാത്രി എന്തായാലും പറ പറ പറ സത്യം പറഞ്ഞില്ലെങ്കിലെ ഞാൻ വീടും നാടുമില്ലാതെ അതെ കരച്ചിൽ നിർത്തി കാര്യം പറ ഇതിന് ഒരു അച്ഛനില്ലേ നിങ്ങൾക്കൊരു ഭർത്താവില്ലേ വീടില്ലേ കുടുംബൊന്നുമില്ല അച്ഛനില് നിന്ന് എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനാണ് ഈ ഒളിച്ച പാർപ്പ് പകലാകുമ്പോൾ യാസത്തിലും എൻ്റെ പഠിച്ചിട്ടു എല്ലാം ഉണ്ടായിട്ടു ഒന്നുമില്ലാതെ ഇങ്ങനെ നാടോടുകളെ പോലെ കഴിയാനാണ് ഞങ്ങളുടെ വിധി ഭർത്താവിന്റെ പത്രത്തിലൊക്കെ വരില്ലേ സാറേ പിന്നെ എൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടാവൂ ഏതായാലും നേരം വിളിക്കട്ടെ അതുവരെ ഇതിനകത്ത് കിടന്നോളൂ കേട്ടോ അതെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ആ കുട്ടിയും കുട്ടി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു ീത പോ നല്ല ആളാകും ചാരികളെ ഇപ്പൊ എന്നാ നല്ല ഇടിയും ഉണ്ടായിരുന്നു കറണ്ട് പോയി ചാരുസങ്ങിപ്പോയതൊന്നും എപ്പോൾ ഞാൻ ഓർമ്മയിൽ മുങ്ങി കിടക്കായിരുന്നു ഷാപ്പാട്ടി വർഷങ്ങൾ എത്രയോ കടന്നു പോയെങ്കിലും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ആർ എവ്വള ഉഷാരുന്നുയിൽങ്ങ അവ ബഹല ചായാ പത്രവാഷ വർങ്ങൾ എത്രയോ കടന്നു പോയെങ്കിലും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ആ രാത്രി വിമലയും അമ്മയും കണ്ടുമുട്ടി ആ രാത്രി നിനക്കറിയോ പിന്നീട് എൻ്റെ മക്കളുടെ അമ്മയായി തീർന്ന എൻ്റെ വിമലയുടെ മുഖം ആദ്യമായി ഞാൻ കാണുന്നത് ശക്തമായൊരു മിന്നൽ വെളിച്ചത്തിലായിരുന്നു ആ സാർ അവൾക്ക് ഞാൻ അഭയം കൊടുത്തു പഠിപ്പിച്ചു കോളേജ് അധ്യാപികയാക്കി പക്ഷേ പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ ഈ ഏകാന്ത ജീവിതത്തിലേക്ക് വരാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല എനിക്ക് വിധിച്ചിരിക്കുന്നത് ഈ കൊടിയെരക്ഷിതും എത്ര തവണ എത്ര തവണ നീ ഇതേ വാക്കുകൾ ആവർത്തിച്ചിരിക്കുന്നു യാതൊരു ഉളുപ്പും ലജ്ജയും ഇല്ലാതെ മേലധികാരികൾക്കോ അതില്ല നിനക്കെങ്കിലും അത് വേണോ ചിലപ്പോ തോന്നും നീ അടക്കമുള്ള ഏതൊക്കെയോ ആളുകൾ ചേർന്ന് കുരങ്ങൾ എന്നെ ഈ സ്റ്റേഷനിൽ ഒരു വണ്ടി പോലും നിർത്താറില്ല യാത്രക്കാരനായി ഒരാൾ പോലും ഇറങ്ങുകയോ കയറുകയോ ചെയ്യുന്നില്ല ആരും ടിക്കറ്റിനു പോലും വരുന്നില്ല അലഞ്ഞുതിരിഞ്ഞെത്തിയ ഒരു പട്ടിയ പോലും കണ്ടിട്ട് കാലമത്രയായി പക്ഷികളുടെ പാട്ടില്ല പൂമ്പാറ്റകൾ കൂട്ടത്തോടെ സ്ഥലം വിട്ടിരിക്കുന്നു ഇതൊരു പ്രേതഭവനമാണ് ഈ തരിശുനിലം പരേതാത്മാക്കൾ മാത്രം വസിക്കുന്ന ഇടമാണോ ഇനി തിരുമ്പി വന്നിടുവാ തിരിച്ചു വരാം തിരിച്ചു വരാൻ ഇനി വല്ലതും പോയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഈടെയായി എനിക്ക് ഓർമ്മകൾ നഷ്ടപ്പെടുന്നു ഓർമ്മകളെ ഞാൻ ആർത്തിയോടെ മുറുക പിടിക്കുമ്പോഴും സത്യത്തിൽ ചാപ്പാട്ടി സ്റ്റേഷനിൽ യാത്രക്കാർ വന്ന് നിറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു അത് കഴിഞ്ഞ മണ്ടേ ഒരു വിണ്ടർഷൻ ചായ വിശാല கே منك வந்து சின்ன ப நல்ல செறுப்பு சார் இவ்வளவு தடியனும் இல்லே மெலிஞ்சி வெளித் பொடி மீஸ் எல்லாம் போட்டு ஒரு சுந்தரம் பைய இவனேங்க ஆகும்போது ஒரு பையில கைல பிடிச்சி அப்படி நேச்சர் எல்லாம் பார்த்து பார்த்து படே நடந்துருவாங்க நீ പറഞ്ഞ போரும் வருது ஆనికి நான் இங்க வந்துட்டு ஒரு காசி ஒரு வரிஷம் ആരാധന അപ്പം കാണിട്ട് പാത്തേ മാത്രം വന്ന് ടി ഞാൻ ഓർക്കുന്നില്ല ആവശം ഞങ്ങള് ചിലിച്ചിരിക്കില്ല ഇത് ആദ്യയമയുന്നത് சார். ഓങ്ങട പേറ്റ് ചാലണം കാപ്പടിയെയമ മുൂടെ വട്ടാന്ത അപ്പൺ അപ്டியே നോക്കിട്ടി നിന്നേര് പാ. ഓ ചിലനേരങ്ങളിൽ ചിലനേടു മുച്ചികൾ. ത്രിമ സർ നെടുവീർപ്പ് സത്യമോ ആവശത്തിൽ നിന്നാണ് മാർന്റെ മുച്ചെ. ഓ ഞാൻ അറിയാതെ ഇങ്ങനെയാണ് ഇത് എങ്ങനെ? സർ നിങ്ങൾ അങ്ങനെയൊന്നും ബിസി അല്ലേ? പൊണ്ണോടെ അത് അവർ അവർ വന്ന് അവ പണക്കാര <Liverpool> <aún> അപ്പേ ഒളിയാ കൊല്ല കൊല്ലോ കിട്ട പോയിട്ട് സത്യം കംപ്ലീറ്റോട്ടി കൂടെ അവളെ പാത്തേ എന്നിട്ട് നിങ്ങൾ എന്താ ആരും എന്നോട് ഇതുവരെ ഒന്നും പറയാതിരുന്നു സിഗ്നൽ ഒന്നും വന്നില്ലല്ലോ ഇത് ഏത് വണ്ടി ആ ഗ്രീൻ ഫ്ലാങ് എടുത്തെ കൊടിയത് എല്ലാ പ്രതാപങ്ങൾക്കും ഒരു കയറ്റം എവിടെ കഥ മുൻ അപേ കുട്ടേ മുടി സംശയം സംശയം അപ്പം ഒരു അപ്പൊ തൂക്കത്തിലോ അവർ കർണാടകളിലെ ആശ്ര കൊണ്ട് പോസ്റ്റ് കൊണ്ടുപോണത് ഇപ്പൊ ഞാപോടെ കണിയേ ഉളര മരണപ്പെടുത്തുന്നത് എല്ലാം അനാഥാലും ഭർത്താവ് ജയിലില്ല എപ്പോൾ എന്റെ സ്നേഹ പാചനം കൊതിക്കുന്നവർക്ക് അത് കിട്ടുന്നില്ല കിട്ടുന്നവർ അതിന്റെ വിലയും അറിയുന്നില്ല കുട്ട് വരേ സർ ഇല്ലി മോനെ വാട്ട് മാതിരി അത് ജനല കാസം വീ സാട്ടി ഞാനൊരു പറഞ്ഞിരിക്കും എന്ന ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ഞാനിവിടെ ചാർജ് എടുത്ത കാലത്തൊന്നുമില്ലാത്ത ചുഴലിക്കാറ്റും തണുപ്പുറഞ്ഞു ഈ സ്റ്റേഷനിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നതിന്റെ അത് വന്ന് അപ്പൊ മുതലേ എങ്ക കൂട്ടത്തിലും ഇരുന്ന് സർ ആണോ അവളുടെ അശാന്തമായ ആത്മപൂർത്തീകരണമാണോ ഈ സ്ഥാനം തെറ്റിയുള്ള കാറ്റ് മഴ പ്രകൃതിയിലൂടെ സംസാരിക്കുന്നു ചാപ്പാട്ടി അവൾ പ്രകൃതിയിലൂടെ സംസാരിക്കുന്നു ഭയക്കാനൊന്നുമില്ല അവളൊരു ചെറിയ ഉപദ്രവം പോലും ഈ കാറ്റ് കൊണ്ട് ആർക്കും ഇവിടെ ഉണ്ടാക്കിട്ടുണ്ട് സോഫിയുടെ പ്രണയാത്മാവ് എന്നെ ചുംബിക്കുന്നത് ഇത് സ്നേഹമാണ് സ്നേഹത്തെ ഭയപ്പെടുന്നത് മൗഢ്യമാണ് ഞാൻ കാണാത്ത എന്റെ പ്രണയ പാചനം എന്തൊരു അനുഭൂതിയാണെന്നോ ഞാൻ എത്തിച്ചേരേണ്ടിയിരുന്ന എന്റെ പ്രിയപ്പെട്ടവട് സോഫിയ സോഫിയ നിന്ന് ഞാൻ അറിയുന്നു പ്രണയത്തിന്റെ വേദനാഭരിതമായ ചെറുതുകൾ അതൊന്നും ഞാൻ അറിയുന്നില്ല. വായഗേസർ. വീണുപോയത്. എന്നെ പിടിച്ച വലിക്കാതെ സപ്പോർട്ട് ചെയ്യ്. വായഗേസർ. ഞാൻ വരാറല്ല. സബ്ബ്. ഞാൻ നിങ്ങളെ കള വാങ്ങേസർ. ഇങ്ങോട്ട് വന്ന് പറയുന്നത് കേൾക്കുന്നോ സർ. വായഗേസർ. സംഗീതമില്ലാത്ത ലോകം ഒരു ശത്രു മനോഹരമാർ മാസ അത്രയൊന്നും ഞാൻ പഠിച്ചില്ല സ്പെഷ്യൽ ട്രെയിൻ മൂന്നല്ലേ വകയാണ് പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ മെസ്സേജ് നീ പറയാറില്ലേ എല്ലാം ഒരിക്കൽ എനിക്കും ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു ചപ്പാട്ടി വരണ്ട മണ്ണിൽ പച്ചപ്പുകൾ മുണക്കിവിടെ വടങ്ങി പോയ കളികൾ തിരിച്ചു വരും വറ്റിയപ്പ മുഖമല്ലോ പ്രസ ചിലപ്പോ തോന്നും നീ അത് എന്നോട് പറയേണ്ടിയിരുന്നില്ല വൈകിയെത്തിയ യാഥാർത്ഥ്യം തിരുത്താനുള്ള ഇടം ഒരിക്കലും തരില്ല പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കും ഈ സ്റ്റേഷനെ പൊതിഞ്ഞ് ഇടയ്ക്കിടെ ആ ചെറു ചുഴലിക്കാറ്റ് അവൾ തന്നെയാണെന്ന് എനിക്കറിയാം പെണ്ണോടെ ആത്മാവ് ആത്മാവ് സാറയുടെ മുഖം എന്ത് ഒരു ചിന്നി വരുന്നു വണ്ടി വരുന്നു മുംബൈ എക്സ്പ്രസ് ആണ് പുതിയ വണ്ടി സാർ നോർത്ത് വണ്ടി ഇറങ്ങി വരുന്നത് പോലീസ് കൂടെ ആക്കുന്നു പോടി കുറച്ച് വെള്ളം കിട്ടുവോ ഷാപ്പാട്ടി ഷാപാട്ടി ക്വാർട്ടില് തിളപ്പിച്ചാട്ടിയ വെള്ളം ഉണ്ട് കൊണ്ടുവരും തിളപ്പാറ്റിയ വെള്ളമൊന്നും വേണ്ട ഇതീ മുതലിന് കൊടുക്കാള ഞങ്ങളെ കൊറേ വെള്ളം കുടിപ്പിച്ചതാ ഇവൻ ഈ ചെകുത്താൻ മാസ്റ്റർ വെള്ളം തരൂ ദാഹിച്ചു തൊണ്ട പോരുന്നുണ്ട് ഈ ഈ പ്രതിയെ ഈ സ്റ്റേഷനിൽ ഇറങ്ങി എന്തിനാണ് നിങ്ങള് ഇവനൊരു പെരുചാഴിയാ ബോംബെയിൽ നിന്ന് പിടികൂടി കൊണ്ടുവരുന്നതാ ദേ ഇവിടെ നാടെത്തിയതോടെ ഇവന്റെ വിധം മാറി ഇയാൾ എന്ത് ചെയ്താ വഴിക്ക് പുഴയിൽ ചാടാൻ നോക്കി നല്ല പിടിവലിയും അടിയും നടന്നു അയ്യോ ഇയാളുടെ ചുണ്ടൊക്കെ പൊട്ടി ചോര കളിക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ളത് ലോക്കപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വണ്ടി ഇപ്പോഴെത്തും ബെഞ്ചിലിരുന്നാട്ടെ എന്താണ് ഇയാളുടെയും കൊല്ല കൊല ചെയ്തു പിന്നെ ശരിക്കും കൊന്നു ഒരു പാവം പെൺകുട്ടി അവൾക്കും കുടുംബത്തിനും ഒരാബദ്ധമായി പറ്റിയുള്ളൂ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു സാറേ ഇഷ്ടം തൊട്ടതിനും എടുത്തതിനും സംശയമായിരുന്നു ഇവന് എന്ത് ചെയ്തോണിനെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു ഈ തെന്മാടി ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു സ്റ്റേഷൻ മാസ്റ്ററുമായി ലോഹിത് ആണെന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ ദേഹത്ത് വെന്തു ഒരു ഇടവും ഉണ്ടായിരുന്നില്ല ഇനി പറയണ്ട എനിക്ക് അവളെ പൊന്നിനുപോലെ ഇഷ്ടമായിരുന്നു സാറേ പൊന്നുപോലെ നിങ്ങളത് ചെയ്തു ഒരു പാപൃദത്തെ സ്നേഹം മാത്രം മുടക്കി അല്ലേ നിങ്ങളെത്രയും പെട്ടെന്ന് ഇവിടെയുള്ളൂ ഇതത്ര നല്ല സ്ഥലമല്ല എന്റെ ഉദ്ദേശങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്താനാവില്ല നിങ്ങൾ പ്ലീസ് രക്ഷപ്പെടൂർ വേണ്ടി വന്നിട്ടാ പോലീസ് വേണ്ടി രക്ഷപ്പെടൂ രക്ഷപ്പെടാൻ മാഷിന്റെ ഷോഫിയ വന്നിട്ട് കാറ്റ് ചുഴലിക്കാറ്റ് ഷപ്പാട്ടി നീ പോ സാ ഞാൻ എന്റെ പ്രണയഭാചനത്തോട് അല്പം കിന്നിരിക്കട്ടായിട്ട് തീക്കളി ആക്കൂ എനിക്ക് ഭയം നീ പോകും നിന്നോടല്ലേ പറഞ്ഞത് പോവാൻ പോ സോഫിയ വണ്ടി വരുന്നു സിഗ്നൽ കൊടുക്കണം ഞാൻ ഉച്ച കള വണ്ടു രാത്രി മുഴലിക്കാട്ടോട് വയസ്സായി നടക്കില്ല മാറി മഞ്ചു മല കാത്ത് മൊത്തം thank you nado maashe thoyavaashe sa sa yennu da cha karte karte karte karte indha kalla kolathiliya andha dooroda kalla korte ipdi ipdi ipdi a lag what the lower brother sa nalla paati sonneenga ip time evlawaachu thiruma now post office la border da ange oru good news sir ungalke oru register address sir transfer aagum ini indha maari indha sutti kaliyum nadakkadhu sir enna saru enna idhella engalum kadala sir indha type letter kaal appadiye potiruka mashe oru kaaryam mashe mashe mashe mashe The magic? The magic? The magic! The magic! ബഹുമാനപ്പെട്ട മേലധികാരിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് വിടുതൽ തരാനും പകരം ഒരാളെ അയക്കാൻ കണിവുണ്ടാവണമെന്നും പറഞ്ഞു അനേക കത്തുകൾ ഞാൻ അയച്ചിരുന്നു ഈ ഏകാന്തത അത്ര ബീഭത്സമായിരുന്നു ഒറ്റപ്പെട്ടതും വിജനവുമായ മരുഭൂമി പോലെ ആയിത്തീർന്ന പരേതാത്മാക്കളുടെ ഈ സ്റ്റേഷൻ എനിക്ക് മടുത്തെന്നും എന്നെ സ്വതന്ത്രമാക്കണമെന്നും പറഞ്ഞ് ഞാൻ അയച്ച കത്തുകൾ അനേക കാലങ്ങളിലായി ഒട്ടനവധി കത്തുകൾ സർ ദയവായി ആ അപേക്ഷകളൊക്കെ റദ്ദു ചെയ്യാൻ ബന്ധമുണ്ടാവണം എനിക്കിവിടെ നിന്നും ഇനിയൊരു സ്ഥലം മാറ്റം വേണ്ട ഞാൻ ഈ സ്ഥലത്തെ ഇപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടുത്തെ എല്ലാ ഇല്ലായ്മകളിലും ഞാൻ സൗന്ദര്യം കാണുന്നു ഞാൻ ഒറ്റക്കല്ല ഇവിടെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ സ്റ്റേഷൻ വൈകാതെ സജീവമാകുമെന്ന് എനിക്കറിയാം ഈയിടെ എന്നെ ഒരുപറ്റം പൂമ്പാറ്റകൾ പോലും വന്നു സാർ അതിനകമ്പടി സേവിച്ച് കുറച്ച് തുമ്പികളും പറവുകളുമൊക്കെ ഇവിടെ ഇപ്പോൾ സ്നേഹമുണ്ട് വായുവിൽ നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കാറ്റിൽ വിഷമില്ല വെള്ളത്തിൽ മാലിന്യം കുറഞ്ഞിരിക്കുന്നു ദയവായി എന്റെ അപേക്ഷകളൊക്കെ പിൻവലിച്ചതായി കണക്കാക്കണം ഈ സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കല്ല എനിക്കിത് മതി ഞാൻ ഈ സ്റ്റേഷനിൽ പരിപൂർണ സംതൃപ്തനാണ് ഇതുവരെ എന്നെ ഇവിടെ നിന്ന് മാറ്റാതിരുന്നതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അനുഭവം എനിക്ക് അന്യമായി പോയനെ ഈ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നാടകം ഇവിടെ പൂർണ്ണമാകുന്നു നാടകരചന